ധ്യായം പത്ത് പാർശ്വരാജാവായ കോരശിന്റെ മൂന്നാമണ്ടിൽ ബെൽസെസർ എന്ന പേരുള്ള ദാനിയലിന് ഒരു കാര്യം വെളിപ്പെട്ടു ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വച്ചു ആ കാലത്ത് ദാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ചവട്ടം മുഴുവനും ുഖിച്ചുകൊണ്ടിരുന്നു മൂന്നാഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എണ്ണ തെച്ചിട്ടുമില്ല എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹിദ്ക്കൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കയിൽ തല നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയുമിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു ദാനിയൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടിയൊളിച്ചു അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ടു എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി എനിക്ക് ഒട്ടും ബലമില്ലാതെ ആയി എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണുവീണു എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ഞാൻ നിന്നോട് വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞു അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു അവൻ എന്നോട് പറഞ്ഞത് ദാനിയലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കെട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർശ്വരാജ്യത്തിന്റെ പ്രഭു ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തുനിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായെ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായിത്തീർന്നു അപ്പോൾ മനുഷ്യരോട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു ഉടനെ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു എന്റെ മുമ്പിൽ നിന്നവനോട് യജമാനനെ ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു അടിയന് യജമാനനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതായി ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി ഏറ്റവും പ്രിയ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്ക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു യജമാനനെ സംസാരിക്കണമേ നീ എന്നെ ുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിനവൻ എന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും ഞാൻ പുറപ്പെട്ട ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ കൂടെ നിൽക്കുന്നവൻ ആരുമില്ല